nina mi duvanya shish <tay> ോ വിഷുരുമ ശ്യാമി ശ്യാമി വദ്യാമി ശ്യാമി രതം വദ്യാമി ശ്യാമി സത്യം വദ്യാമി ശ്യാമി തന്മാം അവതു തദ്ബുക്താരം അവതു തത്മാം അവതു വക്താരം ഈ സം ഹി സം ദി ഹി സം ദി ഹി ഷദ് ആരഭ്യതേ ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടി ഇവിടെ ഉപനിഷ് ഭാഗം തുടങ്ങുകയാണ് അതിന് പ്രാരംഭത്തിലാണ് ഈ മന്ത്രങ്ങൾ ഇവിടെ മുതൽ വരുന്ന ഭാഗങ്ങൾ ആദ്യം വരുന്ന ഭാഗങ്ങൾ ഉപാസനയുടെ ഭാഗമാണ് പക്ഷെ അതും ഉപനിഷത്തിന്റെ ഭാഗമാണ് ഉപനിഷത്ത് എന്ന് പറയുമ്പോ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഉപാസനയും വിദ്യയും ആത്മവിദ്യ ആത്മജ്ഞാന് രണ്ടു കൂടി ചേരുന്നാണ് ഉപനിഷത്തി വിദ്യ ഉച്ച ഉപനിഷത്ത് എന്ന് പറയുന്ന വിദ്യ ആത്മവിദ്യ േറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആണ് ഉപാസനയ്ക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈദികമായ ഉപാസനകൾ അതാണ് ഇവിടെ ഭാഷകാരം ഉദ്ദേശിക്കുന്നത് ഉപനിഷത്ത് പോലും ഇപ്പോൾ ലൗകികമായ ഉപാസനകൾ ഇവിടെ ചർച്ച ഗർഭ ജന്മ ജരാ ഉപനിഷ് ആ സദ്ധാതുവിന്റെ അർത്ഥം പറയണം വിശരണം വ്യതി അവസാധനം മൂന്നർത്ഥമാണ് ആ അർത്ഥത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു ഗർഭജന്മ ജരാതി ഗർഭവാസം അതിലെ ക്ലേശങ്ങൾ ജനിച്ചുകഴിഞ്ഞാൽ വരുന്ന ജരാരോഗാദിക്ലേശങ്ങൾ ഇതൊക്കെ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ശരീര സംബന്ധിയായിരിക്കുന്ന ഇവ ഇവിടെ താതാന്യപ്പെട്ട് ആ പരമാത്മാവ് തന്നെ ജീവഭാവത്തിൽ വിക്ലേശങ്ങൾ അനുഭവിക്കുന്നു മീഡനിഷാദനാഥ് അതിനെ ശിഥിലമാക്കുന്നു വിദ്യ ശിഥിലമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാക്കുന്ന പൂർണമായും പക്ഷെ അതെല്ലാർത്ഥം കൂടെ പറയും പഠോപന്ഷത്തിൽ ഇത് ഇത്തരത്തിൽ ഭാഷകാരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് നല്ല ഭാഷയ്ക്ക് അതിനെ ആദ്യം അതിനെ ആ ബന്ധനത്തിന്റെ ശക്തിയെ കുറയ്ക്കും ആ ബന്ധനത്തിന്റെ ശക്തി കുറയ്ക്കുന്നതിനാണ് ഉപാസനയും മറ്റും പറയുന്നത് ഉപാസന ഫലം പറയുന്നു ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തുള്ള അതിൻ്റെ ഫലം പറയും പക്ഷെ ആ ഉപാസനകൾ തന്നെ അടുത്ത ഭാഷകാലം പറയും അത് നിഷ്കാമമായി അനുഷ്ഠിക്കുകയാണ് അത് ഞാൻ അതുകൊണ്ടാണ് ഈ ഉപനിഷത് ഭാഗത്തിൽ ഉപാസനകളെ കുറിച്ച് പറയുന്നത് ആത്മതത്വത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ അടുത്ത് ഇത്തരം ഉപാസനകൾക്ക് എന്താ പ്രസക്തിയെന്ന് നമ്മൾ ചിന്തിക്കും തദ്വസാദനാത്മാ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു ശിഥിലമാക്കി സംസ്കരിക്ക ഭാഷങ്ങളും അത് ചെയ്യുന്നു തത്വജ്ഞാനവും അത് ചെയ്യുന്നു സംസ്കരണത്തിന് എങ്ങനെയാണ് കർമ്മം ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നത് അതുപോലെ തത്വജ്ഞാനവും ചിത്തശുദ്ധിക്ക് സഹായിക്കും അങ്ങനെ ശിഥിലമാക്കുക എന്ന് പറഞ്ഞു തത്വജ്ഞാനം തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ ശ്രവണജന്യമായ ആപാദജ്ഞാനം എന്ന് പറഞ്ഞു ആ ജ്ഞാനത്തിൽ സംശയം വരാം ആ ജ്ഞാനത്തിൽ ഭ്രമം വരാം അതെല്ലാം സംഭവിക്കാം അങ്ങനെയുള്ള ജ്ഞാനത്തിന് പോലും ഈ ദോഷങ്ങളെ ശിഥലമാക്കുന്നതിനുള്ള ശേഷിയുണ്ട് പ്രകാശം അത് അല്പമാത്രമാണെങ്കിലും അതിന് ഇരുട്ടിന്റെ കാഠിന്യത കുറയ്ക്കാൻ പറ്റും തെളിഞ്ഞ പ്രകാശം ഇരുട്ടിനെ പൂർണ്ണമായും നിശിപ്പിക്കും ചെറിയൊരു പ്രകാശമാണെങ്കിൽ അതിന് അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ പറ്റും അതുപോലെയാണ് ഇവിടെ ഉപനിഷ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ആപാദ ജ്ഞാനമാണെങ്കിലും അത് പൂർണ്ണമല്ലെങ്കിലും അതിന് ശിഥിലമാകാൻ കഴിയും എന്തുകൊണ്ട് അവിടെ കേൾക്കുന്നവന് തത്വബോധമുണ്ടാവും ആത്മാവെന്താണ് ബന്ധം എന്താണ് മോക്ഷം എന്താണ് ഇത്തരം തത്വ ഇത്തരം തത്വങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ബോധമുണ്ടാവും അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ആ ബോധത്തിനെ ആശ്രയിച്ച് അത് മുന്നോട്ട് പ്രവർത്തിക്കും അതാണ് അത് ഈ തത്വജ്ഞാനം ഇല്ലാതെയും ആധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷെ അവിടെ ആധ്യാത്മിക മാർഗത്തെക്കുറിച്ചുള്ള ഒരുപാട് മിഥ്യാധാരണകൾ കൂടെയായിരിക്കും പോകുന്നത് അതിലൂടെയായിരിക്കും അവരുടെ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു ജപദ്ധ്യാനങ്ങളോ യോഗമോ ത്യാഗമോ എല്ലാം അനുഷ്ഠിക്കുന്നിടത്ത് ഭ്രമമായിരിക്കും ഒരുപാട് പക്ഷേ തത്വജ്ഞാനം അതിന് പോരായ്മകളുണ്ടെങ്കിൽ ശരി അത് ഗ്രഹിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അയാൾ ഭ്രമമുക്തനായി അത്തരം ഭ്രമങ്ങളിൽ നിന്ന് മുക്തനായി ആത്മാനുഭവം ഉണ്ടാകുന്നില്ല പക്ഷെ സംശയങ്ങൾ ഭ്രമങ്ങൾ അത് ഏറെക്കുറെ ദൂരീകരിക്കാൻ ഈ ശ്രവണജന്യമായ ജ്ഞാനത്തിന് വഴി അത് അവന്റെ അജ്ഞാനത്തെ ലഘൂകരിക്കുന്നു അതോട് പറഞ്ഞ ശിഥിലമാക്കുന്നു അത്യന്തമായി ആ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവസാദനാ അതിനെ ഈ സംസാരത്തെ ഇല്ലാതാക്കിയിരുന്നു അത് രണ്ട് പ്രയോജനമാണ് തത്വജ്ഞാനം കൊണ്ടുള്ളത് ബ്രഹ്മണോ ഉപ ഉപനിഷണ്ിതനാക്കുന്നു ഉപനിഗമേതൃത്വം അതിലേക്ക് അവനെ ഉറപ്പിക്കുന്നു സ്ഥിരനാക്കുന്നു അതിലേക്ക് അവൻ നയിച്ചതിൽ ഉറപ്പിക്കുന്നു അതിൽ അധിഷ്ഠിതമായിരിക്കുന്നു അവനാത്മരൂപത്തിൽ സ്ഥിതനാക്കുന്നു എന്നർത്ഥം പരമായ ശ്രേയസ് ആ ബ്രഹ്മന്ത ജീവനെ ആ പരബ്രഹ്മസ്വരൂപത്തിൽ സ്ഥിതനാക്കുന്നു അതാണ് വിദ്യയുടെ പ്രയോജനം മറ്റ് സാധനങ്ങളെ അറിയുന്നതുകൊണ്ടോ മറ്റ് സാധനങ്ങളെ അനുഷ്ഠിക്കുന്നതുകൊണ്ടോ ഇത് കൈവരുന്നില്ല തത്വജ്ഞാനം കൂടാതെ ബ്രാഹ്മിസ്ഥിതി അത് സംഭവിക്കുന്നില്ല എന്നർത്ഥം ആണ് തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനം അത് ഉപനിഷ്ദരാശിയിലൂടെ ആ വിദ്യ കൈവരുന്നു അതിന്റെ ഒരു ഭാഗമാണ് വാസൻ വാസിനെ അതിൽ നിന്ന് വേറിതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉപാസിനെ കുറിച്ച് ആദ്യം പറയുന്നു ശംനോ മിത്ര ശം സുഖം പ്രാണപുരുത്തേനസ്റ്റ് അഭിമാനി നമ്മളെപ്പോഴും ചൊല്ലുന്നസ്മാകം ഞങ്ങൾക്ക് മിത്ര ത്മാ അവ പ്രാണ കൊടുത്ത് അന്നഭിമാനി പകലിന്റെ അഭിമാനിയായിരിക്കുന്നവൻ പ്രാണവൃത്തിയുടെ അഭിമാനിയായിരിക്കുന്നവൻ ദേവതാത്മാ ഇവിടെ ഇനി പറയുന്നതെല്ലാം അത്രയുള്ള ദേവതകളെ കുറിച്ചാണ് അത് സുഖം ഞങ്ങൾക്ക് സുഖം ഉള്ളവനാകട്ടെ പ്രാണവൃത്തിയുടെ അഭിമാന്യദേവത എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ശരീരത്തിലെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രാണന്മാർക്കും അന്തകരണത്തിനും എല്ലാത്തിനും തത്തത് അഭിമാന്യ ദേവതകളുണ്ട് എന്നാണ് വൈദികമായ സങ്കല്പം അങ്ങനെ പറയുന്നു എന്തുകൊണ്ടങ്ങനെ ദേവതകളെ സ്വീകരിക്കുന്നു പിന്നെ ഇന്ദ്രിയങ്ങൾ സ്വയം ജടങ്ങളാണ് എങ്ങനെ ജഡമായത് പഞ്ചഭൗതികമാണ് പഞ്ചഭൂതകാര്യമാണ് പഞ്ചഭൂതകാര്യമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കാൻ ജ്ഞാനത്തിലായാലും ശരി കർമ്മത്തിലായാലും ശരി കർമ്മത്തിൽ ബോധപൂർവമായ പ്രവർത്തനം നടക്കുന്നു ജഡപപ്രവർത്തനമല്ല ബോധപൂർവമായ പ്രവർത്തനം നടത്തണമെങ്കിൽ എന്താ ജീവൻ മതിയല്ലോ ജീവനെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു പ്രാണൻ പ്രവർത്തിക്കുന്നു ജീവൻ ബോധസ്വരൂപ അപ്പൊ ജീവന്റെ ബോധത്തെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിച്ചിരിക്കാം ജഡങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കും പ്രാണനും എല്ലാം പ്രവർത്തിക്കാം പിന്നെ അവിടെ എന്തിനാ ദേവത ജീവൻ ഏകരൂപത്തിലിരിക്കുന്നു ഓരോ ശരീരത്തിനും പല ജീവനല്ല ഒരു ശരീരത്തിലൊരു ജീവനേ ഉള്ളൂ പക്ഷെ ആ ജീവനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ വ്യത്യസ്ത സ്വഭാവമുള്ളതാണ് ആ വ്യത്യസ്ത സ്വഭാവമുള്ള ജടങ്ങളായ ഇന്ദ്രിയങ്ങളിൽ നിന്നും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാകും ഏക രൂപത്തിലിരിക്കുന്ന ജീവനില് വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്ന് പറയാം പക്ഷെ ഇന്ദ്രിയങ്ങൾ ജടങ്ങളാണ് ജീവനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ ഏകമായ അനുഭവം ഉണ്ടാവും ഏകമായ അനുഭവം കണ്ണുകൊണ്ട് കാണുന്നു കാണാനുണ്ടാകാനും ചെവി കേൾക്കുന്നു കേൾക്കും ഇടാനും ഇത് അത്യന്തം ഭിന്നമാണ് ഒരു സമാനതയില്ലാത്ത ഒന്നിനും മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അതുപോലെ കർമ്മങ്ങൾ പ്രാണന്റെ പ്രവൃത്തി ഒന്നും വേറെയാണ് പ്രവൃത്തി വേറെയാണ് അസ്തേന്ദ്രിയത്തിന്റെ പാതേന്ദ്രിയത്തിന്റെ ഓരോന്നെയും പ്രവൃത്തികൾ വേറെ ഏകമായ ജീവനെ ആശ്രയിച്ച് സംഭവിച്ചാലേ തന്നെ ഏകരൂപത്തിലിരിക്കും പക്ഷെ ഇത് ഭിന്നങ്ങളായിരിക്കും കേവലം ജനങ്ങൾക്ക് ഈ ഭിന്നങ്ങളെ നിർവഹിക്കാൻ സാധ്യമല്ല അപ്പോൾ ഈ ഭിന്നത ഉണ്ടാക്കുന്നതെന്താണോ ഇതിലിരിക്കുന്ന ശക്തി വിശേഷങ്ങളാണ് ഇത് വ്യത്യസ്തങ്ങളായ ചൈതന്യ വിശേഷങ്ങളിരിക്കുന്നത് കൊണ്ട് വ്യത്യസ്തങ്ങളായ പരസ്പര വിരുദ്ധങ്ങളെന്ന് പറയാകുന്നുള്ള തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്നു അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അനുഗ്രഹം ദായുധമായ ശക്തി വിശേഷം അതിന് ദേവതകളെന്ന് പറയും ചൈതന്യവിശേഷം അങ്ങനെ തന്നെ ഭാഷ കാണുമ്പോൾ അത് ഓരോന്നിനും സ്ഥിതി ചെയ്യുന്നു ഇന്ദ്രിയങ്ങളെല്ലാം ആ ദേവതകളുടെ നിയന്ത്രണത്തിലാണ് ഇന്ദ്രിയങ്ങളെല്ലാം നയിക്കുന്നത് ആ ദേവതകളാണ് ജീവൻ ഇതിനെല്ലാം പൊതുവായൊരാശ്രയമായിരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ വ്യത്യസ്തമായ കർമ്മങ്ങളും വ്യത്യസ്തമായ ജ്ഞാനങ്ങളും ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായ ചൈതന്യം തന്നെ വേണം കാഴ്ചപോലല്ല കേൾ അതിന് ഓരോ ദേവതകളെ ഓരോ ഇന്ദ്രിയത്തിന് സ്വീകരിക്കണം ഈ ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജീവനിൽ ഈ ഇന്ദ്രിയങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് അത് സമഷ്ടിയിലും വ്യഷ്ടിയിലും പ്രപഞ്ച ശക്തികളെല്ലാം അതിന്റെ പിന്നിലുള്ള ചൈതന്യവിശേഷത്തിന്റെ അനുഗ്രഹം കൊണ്ട് പ്രവർത്തിക്കുന്നു വർഷവും വാദവും എല്ലാം അങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണോ സമഷ്ടിയിൽ സംഭവിക്കുന്നത് അതുപോലെ മൃഷ്ടി ഈ ശരീരത്തിലും ഇന്ദ്രിയങ്ങളുടെ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു ശരീരത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം സജീവമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദേവതകൾ ഉണർന്നിരിക്കുന്നു നടക്കും ആ ദേവതകൾ ഉറങ്ങുന്നതാണ് സ്വപ്നം സുഷുപ്തി അവിടെ ദേവതകൾ വിശ്രമിക്കും ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഈ ദേവതകൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും ഇവിടെ ഇവയുടെ അനുഗ്രഹം അത് വേണം ഇതിന്റെ ശരിയായ പ്രവർത്തനത്തിന് പ്രാണൻ ശരിയായി പ്രവർത്തിക്കും ഇവിടെ മൂക്ഷുവാണ് പ്രാർത്ഥിക്കുന്നത് മൂഷുവിന്റെ സാധനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ദേവതകളെല്ലാം അനുഗ്രഹിക്കും ആദ്യം തൻ്റെ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ദേവതകളുടെ അനുഗ്രഹം വേണ്ടത് മെസ്റ്റീലുകളുടെ അനുഗ്രഹം വേണ്ടത് സമഷ്ടിയിലുള്ള അനുഗ്രഹവും വേണ്ടതാണ് പക്ഷെ മൃഷ്ടിയിലുള്ള പ്രാണൻ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാല് ശരീരത്തിൽ ശരിയായ രീതിയിൽ ആരോഗ്യം നിലകൊത്ത ശരീരത്തിന് നിലനിൽപ്പിന് ആവശ്യമാണ് ശരീരം ശരിയായി നിലനിന്നാല് ഇവിടെ പറയുന്ന ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റും വേദാധ്യനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മോക്ഷം എന്ന് പറയുമ്പോ ഇതൊക്കെ ഇതിനെയൊക്കെ അവഗണിക്കുന്നതാണ് ഇതൊന്നും ആവശ്യമുള്ളതല്ല എന്നല്ല കാരണം ത്യാഗം എന്ന് പറയുമ്പോ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക എന്നല്ല പറയുന്നു മറിച്ച് ദേവതകളുടെ അനുഗ്രഹത്തോടു കൂടിയാണ് കൂടിയ ത്യാഗവും സാധ്യമാവും അപ്പോൾ പ്രാണദേവതയുടെ അനുഗ്രഹം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഫലം രോഗം അപ്പം അത് അവന്റെ സാധന ശരിയെ നടക്കണം അതുകൊണ്ട് സുഖം സുഖകൃത് ആ പ്രാണദേവതയുടെ കോപം കൊണ്ട് വരുന്ന അസുഖങ്ങൾ പ്രാണൻ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് ആ പ്രാണൻ ഈ ശരീരത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച് ഈ ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കട്ടെ എന്നാണ് എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് സുഖകൃത് സുഖം നൽകട്ടെ അങ്ങനെ ഓരോ ദേവതകളും സുഖം നൽകണം തഥൈവ അപാന വൃത്തി അഭിമാനി ദേവതാത്മാവർണ ത്രാണാപാനന്മാർ കൂടിച്ചതെന്നാണ് ശരീരത്തിന് ആരോഗ്യത്തെ നിലനിർത്തുന്നത് ശരീരത്തിന്റെ ആരോഗ്യമുണ്ടെങ്കിലും മനസ്സിന് ആരോഗ്യമുണ്ടോ അല്ലെങ്കിൽ മനസ്സിനാരോഗ്യമില്ല അപ്പൊ പ്രാണാപാനൻ ദേവതകൾ അപാനവൃത്തി അഭിമാനി ദേവതാത്മാവരണ ദേവതകൾക്കൊക്കെ പേര് നിശ്ചയിച്ചിരിക്കുന്നത് വേദമാണ് ശ്രുതിയാണ് മഹാദേവത എന്നാണ് ആ പേരിനുള്ള ഉദ്ദേശിച്ചത് അതിനൊരു ദേവതയുണ്ട് അപാനവൃത്തിക്കുമുണ്ട് പ്രാണവൃത്തിക്കുമുണ്ട് അവരൊരുമിച്ച് പ്രാണാപാന പ്രവർത്തനങ്ങളെ നേരാമണ്ണം നടത്തി എനിക്ക് സുഖമുണ്ടാകട്ടെ ശരീരത്തിന് സുഖമുണ്ടാകട്ടെ മനസ്സിന് സുഖമുണ്ടാകട്ടെ അത് കഴിഞ്ഞേയുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം വേദാന്തവും മറ്റും അത് കഴിഞ്ഞ് ചക്ഷുഷി ആദിത്യേറ്റ അഭിമാനി അരിയെല്ലായിടത്തും ചേർക്കണം വരണ വരണ അരിയ ഭവതു മിത്ര ദേവത ചക്ഷുഷി ആദിത്യേജ അഭിമാനി അതുപോലെ ചക്ഷുരിന്ദ്രിയും ആദിത്യനും അഭിമാനിയായിരിക്കുന്നു ആ ദേവത അതിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ചക്ഷുരിന്ദ്രിയം അത് ആരോഗ്യമുള്ളതായിരിക്കട്ടെ അത് വിഷയങ്ങളെ ഗ്രഹിക്കട്ടെ എന്നാണ് അപ്പം വിഷയങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ദോഷമല്ലേ ചില സ്ഥലത്ത് പറയുന്നതാണ് ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് അന്ധനായിരിക്കുന്നതാണ് പങ്കുവായിരിക്കുന്നതാണ് മോഹനായിരിക്കുന്നതാണ് ബധിരനായിരിക്കുന്നതാണ് ആത്മീയമാർഗത്തിൽ നല്ലതെന്നൊക്കെ ചിലടത്ത് പറയും ഇവിടെ പറയുന്ന അങ്ങനെ ഇതെല്ലാം നല്ല ഉണർന്ന് പ്രവർത്തിക്കണം ദക്ഷിണേന്ദ്രിയും മറ്റും ഉണർന്നു പ്രവർത്തിച്ചാൽ രൂപത്തെ ഗ്രഹിക്കും വിഷയങ്ങളെ ഗ്രഹിക്കും മനസ്സ് വിഷയത്തിലേക്ക് ആകർഷിക്കപ്പെടും അങ്ങനെ പതനം സംഭവിക്കില്ല എന്ന് സംശയിക്കും അതെല്ലാം ഈ ദേവതകൾ ശരിയായി അനുഗ്രഹിക്കാത്തപ്പോഴാണ് പതിനെ സംഭവത്തിൽ ഈ എല്ലാ ദേവതകളും ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ ചക്ഷിണേന്ത്യയും കാണുന്നതും ഈ സപ്തനത്തിൽ അത് കാണുന്നതും ദോഷയുക്തമായ വിഷയങ്ങളല്ല ആത്മാവിനത്തല്ല അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കണെന്താണ് അത് പൂർണമായ അനുഗ്രഹത്തോടുകൂടി സത്തായ വിഷയത്തെ ആഗ്രഹിക്കട്ടെ അതിനെ സഹായിക്കട്ടെ കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്ക് സുഖം വേണം സുഖം തരുന്ന ചക്ഷു എന്ന് പറയുമ്പോൾ എന്താണോ സുഖരൂപത്തിലുള്ള വിഷയത്തെ ഗ്രഹിക്കുന്നതായിരിക്കും അപ്പൊ ആത്മാവിനുഗ്രഹിക്കുന്ന ലക്ഷ്യമായിരിക്കും അതെല്ലാത്തിനും ബാധകമാണ് ആത്മപ്രകാശനത്തിന് ഈ ശരീരവും മനസ്സും എല്ലാം യോഗ്യമായി തീരട്ടെ എന്നാണ് എന്റെ പരമമായ താല്പര്യം ഇതെല്ലാം പ്രാർത്ഥിക്കുന്നത് വിഷയഗ്രഹണത്തിന് വേണ്ടിയാണ് എല്ലാം നമ്മുടെ പറയും മ്പത്ത് പോലും ആത്മപ്രകാശത്തിന് സഹായിക്കാം അത് സഹായിക്കുകയാണെങ്കിൽ അതും ഉതകുന്നതാണ് ഐശ്വര്യവും ഉതകുന്നതാണ് സമ്പത്തും ഉതകുന്ന സർവീലൊക്കെ നിഷേധിക്കുന്ന ഇവിടെ ഇതെന് ആത്മഗ്രഹണത്തിന് സഹായിക്കാതെ വരുമ്പോ ഇത് ഈ ദേവതകളുടെ അനുഗ്രഹം കുറയുമ്പോൾ ദുർവാസനകൾക്കും മറ്റും വശംവതങ്ങളായി വിപരീത വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോഴാണ് ഇതിനെ നിന്ദിക്കുന്നതെന്ന് നിഷേധിക്കുന്നു ഇന്ദ്രിയ നിന്ദ വിഷയം നിന്ദ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് വൈരാഗ്യത്തിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങൾ അതെല്ലാം ഇത് അബദ്ധസഞ്ചാരം നടക്കുമ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത് ഇവിടെ ആ ഭാവത്തിലെല്ലാം ഇവിടെ സാധകൻ പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ആത്മദർശനത്തിന് പുതകണം അതിനുവേണ്ടി ഈ ദേവതകൾ സഹായിക്കണം കാരണം ഈ ദേവതകളെല്ലാം ഈ ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്ന വാസ്തവത്തിൽ ജീവൻ അങ്ങോട്ട് നയിക്കാനാണ് അതുകൊണ്ട് പറയുന്നത് എന്താണോ ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഒരു സമയത്ത് അത് ആവശ്യമില്ലാത്തത് ഇന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടാകും അങ്ങനെ വരുമ്പോൾ ഈ ദേവതകൾ അവരുടെ എല്ലാം പണി മതിയാക്കി അതാത് സമഷ്ടി ദേവതകളിലേക്ക് ഏകീഭവിക്കുന്നു അതാണ് മുക്തന്റെ ശരീരനാശത്തെ മറ്റും പറയുമ്പോൾ ഉപനിഷത്ത് വിശദീകരിക്കും അതുവരെയുള്ളൂ ഈ ദേവതകളുടെ പ്രവൃത്തി പിന്നെ അത് സമഷ്ടിരൂപത്തിൽ നിന്നുകൊണ്ട് ആവശ്യമുള്ള ജീവന്മാരിൽ അത് പ്രവർത്തിക്കുന്നു പക്ഷെ ഏത് ജീവനാണോ പ്രവർത്തിച്ചാണോ അതതിന്റെ ലക്ഷ്യത്തെ സാധിക്കുന്നത് ഇതിനെല്ലാം ആത്മദർശനത്തിന് സജ്ജമാകുന്നത് പിന്നെ അതിന് അതിൻ്റെ ആവശ്യം അതതിൻ്റെ സമഷ്ടിഭാവത്തിനോട് ഏകീഭവിക്കുന്നു പക്ഷെ അതുവരെ വിധയും മനസ്സുകളും ഇന്ദ്രിയങ്ങളിലും സർവ്വകരണങ്ങളിലും ദേവതകൾ പ്രവർത്തിച്ചിട്ട് അതിന് ആത്മദർശനത്തിന് സജ്ജമാക്കണം അങ്ങനെ ആ ജീവന് സുഖത്തു കൊടുക്കണം ബലഇന്ദ്രന ഇന്ദ്രോ ബൃഹസ്പതിന് ഇന്ദ്ര എന്നാണ് ബല ഇന്ദ്രിയിരിക്കുന്ന സന്ധ്യ വന്നിരിക്കുന്നു ബലത്തിൽ ബലത്തിന്റെ ദേവതയാണ് ഇന്ദ്രൻ എനിക്ക് ബലം വേണം എന്നാണ് കൂടെ പ്രാർത്ഥിക്കുന്നത് അത് ശരീരത്തിനും ബലം വേണം ശരീരത്തിനും നല്ല ബലമുള്ളവനെയും മനസ്സിനും ബലം ബലത്തുള്ള സാധാരണഗതിയിൽ ശരീരത്തിന്റെ ബലത്തെ അവഗണിച്ചിട്ട് നിൽക്കത്തക്ക മനസ്സിന് ബലം ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ഇവിടെ ഒരു സാധനതനെ പറയുക ആ ബലത്തെ നൽകുന്ന ദേവത ഈ ശരീരത്തിനും മനസ്സിനും ഇതെല്ലാത്തിനും ഇത് ആവശ്യമാണ് ആ ബലമുണ്ടെങ്കിൽ അത് ശരിയായ രീതി പ്രവർത്തിക്കാൻ പറ്റും ആ ബലമുണ്ടെങ്കിൽ അതിന് വിവേകത്തിൻ്റെ മാർഗത്തിൽ നയിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ദുർബലതയെ വഴി പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ബലമില്ലായിരുന്നു മനസ്സിന് ബലമുണ്ടായിരുന്നു ഇന്ദ്രിയങ്ങൾക്ക് ബലമുണ്ടായിരുന്നു ഇപ്പം അതിജീവിക്കാൻ കഴിയാതിരിക്കാതാണ് ബലക്കുറവ് അത് ശരീരങ്ങൾക്കും ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം വരും ബലമുണ്ടെങ്കിലോ ബലദേവത ഇന്ദ്രന്റെ അനുഗ്രഹമുണ്ടെങ്കിലോ ആ ബലത്തെ ആശ്രയിച്ചു പോവാം താൻ മോക്ഷയിച്ചു ഇച്ഛിക്കുന്ന വഴിയെ സഞ്ചരിക്കണമെങ്കിൽ ആ ബലം വേണം മറിച്ച് അവന്റെ സംസ്കാരമോ സങ്ങളോ ഒക്കെ നയിക്കുന്ന വഴി പോവുകയാണെങ്കിൽ അവിടെ ബലമില്ല അതുകൊണ്ട് ബല ദേവതയോട് പ്രാർത്ഥിക്കുന്നു അതും വേണം അതുകൊണ്ടാണ് പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒന്നും പീഡിപ്പിക്കരുത് ഗീതയിൽ പറഞ്ഞല്ലോ കഷയന്ത ശരീരസ്ഥം ഭൂതഗ്രമമ മാം ജീവാന്ത ശരീരസ്ഥം താൻ വിധ്യാസുര നിശ്ചയ ബലത്തെ നശിപ്പിക്കുന്ന കായക്ലേശത്തെ ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത് മനസ്സിൽ ബലത്തെ വർദ്ധിക്കുന്ന കാര്യങ്ങളെ പാടുള്ളൂ അതാണ് വീര്യധാരണത്തിന് വേണ്ടി പരമ്പരവും മറ്റും ആ ബലത്തിനു വേണ്ടിയിട്ടാണ് മനസ്സിനും ശരീരത്തിനും ആ ബലം വേണം ആ ബലം കൊണ്ട് അവന് ഇച്ഛിക്കുന്ന വഴി പോകാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയെ സഞ്ചരിക്കും ദുർബലന്മാരാണ് അവർ ആഗ്രഹിക്കുന്ന വഴിയെ സഞ്ചരിക്കാൻ കഴിയാത്തവരും അതുകൊണ്ട് ബലത്തിനെ ധ്യാനിക്കണം ബലദേവതയെ ധ്യാനിക്കണം ആ ദേവതയുടെ അനുഗ്രഹം വരണം സംശയം ഒരു തപസ്സുകളൊക്കെ ചെയ്യുന്നതോ ശരീരത്തെ പീഡിപ്പിക്കുന്ന തപസ്സുകൾ ചിലര് പട്ടിണികളാക്കുന്നു അതെല്ലാം സംഭവിക്കുന്നതോ രണ്ടു തരത്തിൽ സംഭവിക്കാം ഒന്ന് വലിയ പാപം ദുരതിഷ്ടം എന്ന് പറയും അതുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി യോഗികളും മറ്റും വളരെ കായക്ലേശകരമായ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു തപസ് ചെയ്തു പഞ്ചാഗിമധ്യത്തിനും മറ്റും തപസ്സുകളൊക്കെ പാപം പ്രായിത്തം കൊണ്ട് നശിക്കും തപസ്സുകൊണ്ടും നശിക്കും അതിനുവേണ്ടി ചെയ്യാം അത് ബോധപൂർവം ചെയ്യുന്ന തപസ് അതിന് പ്രയോജനമുണ്ട് പക്ഷെ അങ്ങനെ തപസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ബലം വേണം അവരുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിന് ബലം വേണം ശരീരത്തിന് ബലം വേണം ഇന്നിപ്പോൾ ആരെങ്കിലും തപസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റാവും പിന്നെ ട്രിപ്പ് കൊടുക്കേണ്ടി വരും തപസ് എന്തുകൊണ്ടും ബലമില്ല ഈ ദേവതകളുടെ അനുഗ്രഹമില്ല തപസ് അപ്പോ ദേവതകളുടെ അനുഗ്രഹത്തോടുകൂടിയാണ് അത് ചെയ്തത് അത് ഇന്ദ്രിയ പീഡനമല്ല അങ്ങനെയുള്ള തപസ്സല്ല അത് യോഗിയുടെ തപസ്സിനെ കുറിച്ച് പറയും വേറെ തരത്തില് തപസ് സംഭവിക്കാറുള്ളത് നമുക്ക് മഹാത്മാക്കളെ കണ്ടിട്ട് അവരെ അനുകരിക്കുന്നവരിൽ ശരിക്കും സാധാരണ ജീവന്മാര് ിയ ലാളനെ തീരുന്നു ഇന്ദ്രിയങ്ങളെ ലാളിക്കുന്നു അതിനെ സൂചിപ്പിക്കുന്നു ഏതെല്ലാം തരത്തിൽ അതിനെ സൂചിപ്പിക്കാമോ അതെല്ലാം തരത്തിൽ കാണാൻ മനോഹരമായ കാഴ്ചകളെയൊക്കെ കൊടുത്ത് കണ്ണിനെ സൂചിപ്പിക്കുന്നു രസനയെ സൂചിപ്പിക്കുന്നു എല്ലാ ഇന്ദ്രിയങ്ങളെയും സൂചിപ്പിക്കുന്നു ഇന്ദ്രിയ ലാളന അതെല്ലാം ബലമില്ലായ്മയാണ് മനസ്സിന്റെ ദുർബലതയും ചിലപ്പോൾ അതിനെ നമ്മൾ അന്യായീകരിക്കുമെങ്കിലും അതൊക്കെ ദുർബലതയാണ് മഹാത്മാക്കൾ അതിനേക്കതിക്രമിച്ചു ഇതിനേക്കാതിജീവിക്കുന്ന ശേഷിയുണ്ട് അത് നല്ല ബലം ഇന്ദ്രിയങ്ങൾക്കുണ്ടായി മനസ്സിന് നല്ല ബലമുണ്ടായി മനസ്സിക്കുന്നിടത്ത് പോകും അവർക്ക് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ അവഗണിക്കാം ആത്മതത്വത്തിലുള്ള നിഷ്ഠമുണ്ട് അങ്ങനെ ആത്മതത്വത്തിൽ അതിനുള്ള ബലമുണ്ട് എല്ലാത്തിനും ദേവതകളെല്ലാം അതിനുള്ള ബലം കൊടുത്തു കഴിഞ്ഞു ആത്മതത്വത്തിലുള്ള നിഷ്ഠമുണ്ട് അവർ ഇന്ദ്രിയങ്ങളെ അവഗണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയില്ലാതെ തപസ് പോലെ തോന്നുന്നു അവർ വാസ്തവത്തിലെ അവർ എന്തിന വിഷയങ്ങളിൽ ഉദാസീനരായിരിക്കുന്നു അവരെ സംബന്ധിച്ച് കണ്ണ് കാണാനുള്ളതോ ചെവി കേൾക്കാനുള്ളതോ ഒന്നും അല്ല അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അവര് കേടാവുന്നു ചീത്തയാകുന്നു എന്തിനു ശരീരം പോലും ഇത് ഉപയോഗിക്കാതിരുന്നു ഇത് നശിപ്പോ മഹാത്മാക്കൾ അങ്ങനെ സംഭവിക്കുന്നു പ്രപഞ്ചത്തെയൊക്കെ മറന്നിരുന്നു എന്നും ശരീരത്തിൽ എലി അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അന്ന് ബോധപൂർവമായ തപസ്സാണ് മനസ്സ് ആത്മോന്മുഖമായി സ്വാഭാവികമായും ഇന്ദ്രിയ വിഷയങ്ങളിലും ഇന്ദ്രിയങ്ങളിലും ഔദാസീന്യം പുലർത്തുമ്പോൾ മനസ്സ് പിന്നെ അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നു അതൊരവസ്ഥ ആധ്യാത്മികമായ ഒരവസ്ഥ അവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കായക്ലേശകരമായ തപസ്സില്ല പിന്നെന്താണ് തത്ത്വബോധം കൂടാതെ ചെയ്യുന്ന തപസ്സുകൾ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന തപസ്സുകൾ അതാണ് മൂഢന്മാർ താമസമായ തപസ് ആസുര നിശ്ചയമുള്ളവർ എന്നെല്ലാം പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അതല്ല വേണ്ടത് അത് എന്തിനേയും ഇന്ദ്രിയങ്ങളുടെ ശക്തികളെയൊക്കെ നശിപ്പിക്കും ശരീരത്തിൻ്റെ ശക്തിയെ നശിപ്പിക്കും ബലത്തെ നശിപ്പിക്കും ദേവതകൾ കോപിക്കും ദേവതാ കോപം വരും അത് രോഗത്തിലേക്കും യോഗിയാകാൻ പോയ രോഗിയായി മാറും നാശത്തിലേക്ക് പോകും അതല്ലെ ഇവിടെ പറയുന്ന ഇവിടെ ഒരു മുമ്പിജ്ഞാസ ഉള്ളവൻ ആ ശരിയായ മാർഗത്തിൽ പോവുകയാണ് അപ്പം അവന് ബലമാണ് വേണ്ടത് എന്ന് അതുകൊണ്ട് പ്രവൃത്തിയിൽ നിന്നാം മിതത്വം പാലിക്കണം ശരീരത്തിന്റെ ക്ഷമതയ്ക്കപ്പുറം പ്രവർത്തിക്കാൻ പാടില്ല അത് വേണം അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് മൂർഖന്മാർ മൂഢന്മാരും ശരീരത്തിന്റെ ക്ഷമതയ്ക്കപ്പുറം പ്രവർത്തിക്കും ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയ്ക്ക് അപ്പുറം പ്രവർത്തിക്കും അവസാനം ഇതൊന്നും ആധ്യാത്മിക സാധനയ്ക്ക് ഉപകാരപ്പെടാത്തവൻ ഈ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്തവൻ അതങ്ങനെ വരാൻ പാടില്ല മനസ്സിൽ ബലം വേണം എന്നൊക്കെ ഇത് നേടുന്നതുവരെ ബലം വേണം ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും വാശി ബുദ്ധോച ബൃഹസ്പതി വാക്കുകളും ഓരോ ഇന്ദ്രിയങ്ങളെയും എടുത്ത് പറയും ബുദ്ധിക്ക് വിവേകത്തിന് വിവേകദാർഢ്യം അതൊന്നും ശിഥിലമാകാൻ പാടില്ല ആയിക്കഴിഞ്ഞാൽ വിധിചലിച്ചു പോവും പിന്നെ ആധ്യാത്മിക മാർഗത്തിൽ വളരെ ആവേശത്തോടുകൂടി വരുന്നവരും അതേ ആവേശത്തോടുകൂടി കടന്നു പോകുന്നതാണ് നശിച്ചു പോകുന്നതാണ് പതിച്ചു പോകുന്നതാണ് അത് പതനമാണെന്ന് പോലും തിരിച്ചറിയാം ബുദ്ധിയുടെ ബലമില്ലായ്മയാണ് പ്രജീവികാരേശങ്ങൾക്കൊക്കെ വിഭ്രാന്തികത്തെ അടിമപ്പെട്ടായിരിക്കും വരുന്നത് എന്തൊക്കെ സാധിക്കാം താൻ സാധിക്കേണ്ടത് എത്ര മഹത്താണ് താൻ എത്ര അല്പനാണെന്ന് ചിന്തിക്കാതെയാണ് ഇറങ്ങിത്തിരിക്കുന്നത് ഈ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു അല്പനായ താൻ തന്റെ വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ മോക്ഷമോ കുറഞ്ഞപക്ഷ ഒരു നിർവികൽപ്പ സമാധി പോലും കിട്ടാതെ വരുമ്പോൾ നിരാശനായി മറ്റ് സമാധിയുടെ വഴിയിലേക്ക് പോവും ബുദ്ധിബലമില്ലായ്മ അതാണ് അത് വരരുതും ബലം വേണം ുദ്ധിക്കു ബലം വേണം വാക്കിന് ബലം വേണം ഇതൊന്നുമില്ലാത്തവനെ അതിനാണിത് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ ഇതൊരു ധ്യാനമാണ് ആ ധ്യാനത്തിലൂടെ ഇത് ആർജിക്കുകയാണ് ബ്രഹ്മത്തെ ആർജിക്കാൻ പറ്റത്തില്ല അത് ശരിയാണ് പക്ഷെ ഇതൊക്കെ അർജിക്കാൻ പറ്റും ഇതില്ലാത്തവന് ഒരു ഗുരുക്കന്മാർഗം രക്ഷിക്കാൻ പറ്റില്ല േ ആത്മനാത്മാനം എന്ന് ഗിരി പറഞ്ഞതാണ് ഭാവം പറഞ്ഞില്ല എന്താണോ നീ നിന്നെ രക്ഷിക്കണ്ടെന്ന് പറഞ്ഞില്ല സർവപാവേഭ്യോ ഞാൻ നിന്നെ എല്ലാ പാവങ്ങളിൽ നിന്നും മോചിപ്പിക്കാന്ന് പറഞ്ഞിട്ടുടം പറഞ്ഞു എന്താണോ പക്ഷെ നീ നിന്നെ നീ നിന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും രക്ഷിക്കാവുന്ന ഞാൻ നിന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ നീ നിന്നെ രക്ഷിക്കണം ഇത് രണ്ടും സംഭവിക്കും നിങ്ങൾ ബുദ്ധിയുടെ ബലം അതും ആവശ്യമാണ് എന്നാല് അങ്ങനെയുള്ളവർ മാത്രമേ ഗുരുക്കന്മാരും രക്ഷിക്കത്തുള്ളൂ നമ്മുടെ തന്നെ അനുഭവത്തിനും അങ്ങനെയാണ് എന്താണോ ഗുരുക്കന്മാരുടെ അടുത്ത് വരുന്നവരെല്ലാം രക്ഷപ്പെടുന്നവയായി കാണുന്നില്ല ഇതാകാം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആദ്യം തൻ്റെ പുരുഷാർത്ഥമായി നേടേണ്ടത് അത് നേടണം ധ്യാനിക്കേണ്ട കാര്യമില്ല വിഷ്ണുരുമ വിസ്തീർണക്രമ പാതയോരഭിമാനി സർവകർമ്മങ്ങൾക്കും ബലം കൊടുക്കുന്ന വിഷ്ണു ഉരുക്രമ വലിയ കാലടിപ്പാടുകളുള്ളവൻ പാദമുദ്ര പതിപ്പിക്കുന്നവൻ എന്നൊക്കെ പറയുന്നു അതിന് കർമ്മത്തിന് ബലം തരണം കർമ്മവും ആവശ്യമാണ് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനുള്ള ബലം തരുന്ന ദേവതയുടെ അനുഗ്രഹം വേണം അതും വേണം ഓരോ ഇന്ദ്രിയങ്ങളിലും മനസ്സിന് എല്ലാം അതിൻ്റെതായ കർമ്മങ്ങൾ നിർവഹിക്കും അതിന്റെ കർമ്മബലം ഏവം അധ്യാത്മദേവതാ സമനോഭവതു ഇത് സർവത്തിനനുഷങ്ക ഈ അധ്യാത്മദേവതകൾ എന്നുവെച്ചാൽ ഈ വഷ്ടിയിൽ ഓരോ ജീവനും ഇരിക്കുന്ന ദേവതകൾ അപ്പോൾ ഓരോ ഒരു ജീവനെടുത്തുകഴിഞ്ഞാൽ അവൻ ദേവതാ മയനാണ് അവന്റെ ഓരോ അംശത്തിലും ഓരോ ദേവതകളിരിക്കീവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സർവത്ര സൂക്ഷ്മമായിരിക്കുന്ന കർമ്മങ്ങളിലും സ്ഥൂലമായിരിക്കുന്ന ശരീരങ്ങളിലും സർവത്ര ോ ദേവതകൾ പ്രവർത്തിക്കുന്നു ഇതാണ് പ്രാണസംവാദം ഇന്ദ്രിയ സംവാദം എല്ലാം ശ്രുതി പറയും പ്രാണന്മാരെ പരസ്പരം സംസാരിച്ചു കലഹിച്ചു വഴപ്പടിച്ചു ഇന്ദ്രിയങ്ങള് അതുപോലെ തന്നെ പരസ്പരം ചർച്ച നടത്തി എന്നൊക്കെ പറയും ഇതെന്നെ ഈ ദേവതകളുടെ ആശയവിനിമയത്തെ കുറിച്ച് പറയണം ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കണം ഒന്നിന്റെ പോരായ്മ ഒന്നാൽ അത്രയും കാലതാമസം വരും ഇത് ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ ശരീരത്തിന് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ എല്ലാം മുക്തിക്ക് പാത്രമാക്കണം അതുകൊണ്ട് ഇതിനെന്നും അങ്ങനെ അവഗണിച്ചുകൊണ്ടല്ല പോകേണ്ട ഇതിനെല്ലാം ധ്യാനിച്ച് സംതൃപ്തരാക്കി വേണം പോകാൻ ബോധു വിധി സർവത്വനാക്ഷം അങ്ങനെ ഇതെല്ലാം സുഖത്തെ ഉണ്ടാക്കട്ടെ അതുകൊണ്ടാണ് ആത്മവിദ്യ തുടങ്ങുന്നതിന് മുമ്പ് ഈ ശാന്തി മന്ത്രത്തെ ചൊല്ലുന്നത് അതിനെ ധ്യാനിക്കുന്നത് സംഭവിക്കണം അർത്ഥമറിയാതെ പാട്ടുപാടിയിട്ട് കാര്യമില്ല അർത്ഥമറിഞ്ഞു പാടണം എന്നാലേ അത് ധ്യാനമാകും അർത്ഥമറിയാതെ പാടിയാലോ അത് നാക്കിന്റെ എക്സർസൈസാവും അർത്ഥമറിയാതെ പാടിക്കഴിഞ്ഞു നാക്കിന് വ്യായാമം കിട്ടും അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ധ്യാനമാവും അപ്പൊ ആ ദേവതകൾ പ്രസാദി ഇതെല്ലാം ആത്മദർശനത്തിന് ആ ജീവനെ സന്നദ്ധമാക്കും അത് കൂടിയേ കഴിയൂ അത് എന്നാണ് ഭാഷകാലം പറയുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇതെല്ലാം സുഖത്തെ ചെയ്തുകൊണ്ടിരിക്കണം ഈ ദേവതകൾ സർവത്ര അത് ചെയ്തുകൊണ്ടിരുന്നാൽ വിദ്യാശ്രവണം എന്നാലെ വിദ്യയുടെ ശ്രവണ ശരിയാകത്തുള്ളൂ ചെവി മാത്രം പോരാ ശ്രവണത്തിൽ കൊണ്ടല്ല സർവേന്ദ്രിയങ്ങളും ഒരുപോലെ തയ്യാറായാലേ പറ്റൂ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആ ദേവതകൾ ശരിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും ശ്രവണം പോലും സാധ്യമാകും പല്ലുവേദന ഉണ്ടെങ്കിൽ ശ്രവണം നടക്കും വയറ്റുവേദന വന്നാൽ നടക്കും അവിടെയെല്ലാം പ്രവർത്തിക്കുന്ന പല്ലിന്റെ ദേവതയും വയറിന്റെ ദേവതയും ശ്രവണം നടക്കത്തു അതുകൊണ്ടാണ് താസുഹി എല്ലാവരും പ്രാണനും എല്ലാം വർദ്ധിക്കുന്നു ശ്രവണം തന്നെ വരും എന്ന് വെച്ചാൽ ഗുരുവിൽ നിന്നുള്ള ഉപദേശമോ വേദാന്ത ശ്രവണമോ എന്തായാലും ആ തത്വ ശ്രവണത്തിന് ഈ ദേവതകളെല്ലാം അനുഗ്രഹിക്കും മനസ്സിന്റെ ദേവത അനുഗ്രഹിച്ചില്ലെങ്കിലും ഉറങ്ങിപ്പോകും മനസ്സിന്റെ ദേവത വിചാരിക്കും ഉറങ്ങില്ല എന്ന് വിചാരിച്ചാൽ ഉറങ്ങിപ്പോകും ഒന്നോട് ഇരുന്നാലേ പറ്റും ഇന്ദ്രിയദേവതകൾ അവിടെയിലെത്തണം അങ്ങനെ ശ്രമിക്കട്ടെ എന്ന് വിചാരിക്കും ആ ദേവത അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെന്ന് തോന്നുന്നു ഒരു ഇന്ദ്രിയ ദേവത ആ ഇന്ദ്രിയത്തിന്റെ പ്രവൃത്തിയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയാൽ തീ ശ്രവണം നടക്കാതെ കൈയും കാലും ശരീരവും എല്ലാം അടങ്ങി ഒതുങ്ങി ഇരിക്കണ്ടേ അല്ലാതെ എങ്ങനെയാണ് ശ്രോണം നടക്കുന്നു നടക്കത്തില്ല ഈ സമയത്ത് ഒരാൾക്ക് തോന്നുന്നുണ്ട് തെങ്ങിക്കയറുന്നു അതിന്റെ ദേവതകളെല്ലാം കൊണ്ട് അവനതിനെ പ്രേരിപ്പിക്കേണ്ടി പറ്റും ഇവിടെ ഇരിക്കാൻ പറ്റും ഈ സമയത്ത് എത്ത മുകളിലിരിക്കുന്നവരും കാണും അപ്പൊ അനുഗ്രഹിക്കുന്നു ദേവതയുടെ അനുഗ്രഹം പറ്റത്തില്ല ദേവതകൾ അങ്ങനെ അനുഗ്രഹിക്കുന്നു ഇതിനെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിനു വേണ്ട ബലം കൊടുത്തുകൊണ്ട് സ്വസ്ഥവൃത്തം അതിനനുഗ്രഹിക്കണം മനസ്സതിന് സജ്ജമാകണം അല്ലെങ്കിൽ അങ്ങനെ ശ്രമം നടക്കും ആദ്യം അതിനു തന്നെ മുഴുവൻ ദേവതകളും ആയിരിക്കില്ല അപ്പോൾ ആർക്കെങ്കിലും ഈ തത്വത്തെ ശ്രവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല ദേവതകൾ അനുഗ്രഹിക്കുന്നത് മറ്റു കാര്യങ്ങളിൽ അവനെ നിയോഗിക്കുക അതിന് അധീനനായിപ്പോയി ഇനി ശ്രവിച്ചത് ധരിക്കണ്ടേ ധാരണ അടുത്തു പറയും ഇത് നിലനിൽക്കണ ഉള്ളിൽ ശ്രദ്ധ അവിസ്മരണം അതീദേവതകളെല്ലാം കൂടെ അനുഗ്രഹിച്ചാലേ പറ്റും ഇതും നിലനിൽക്കുള്ളിൽ നിലനിൽക്കണമെങ്കിൽ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടുതൽ വിക്ഷിപ്തമായി നാനാവിഷയങ്ങളിലേക്ക് മുഴുകിക്കഴിഞ്ഞാൽ ഇവിടെയാ ധാരണ ഇവിടെ മറ്റു വിഷയം വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഇത് വിസ്മരിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ ധാരണ എന്ന് പറയുന്നു ഒരു ധാരണ രൂപത്തിലെങ്കിലും അത് ഇരിക്കണമെങ്കിൽ എന്തായാലും ഇതിന്റെ തന്നെ അനുഗ്രഹം ഉണ്ടായാലും പറ്റും ്രഹിക്കാൻ സഹായിച്ചവരെണ്ണം നിലനിൽക്കാനും സഹായിക്കുന്നു അല്ലെങ്കിൽ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോന്നിനും പ്രാധാന്യമുണ്ട് ധാരണയ്ക്ക് സ്മൃതിക്കാണ് പ്രാധാന്യം സ്മൃതിയാണ് ധാരണ നിലനിർത്തുന്നത് മനസ്സിലാക്കുക അതിനുമുണ്ട് ദേവതിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അതങ്ങനെ നിലനിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ശ്രവണം തന്നെ ധാരണ നടക്കത്തില്ല പിന്നെ അതിൻ്റെ ഉപയോഗം അതിനുശേഷമുള്ള ഉപയോഗം വിദ്യാദാനം ഇതല്ല അതിൻ്റെ ഈ തത്വത്തിന്റെ ഉപയോഗം അതൊക്കെയാണ് ഇതിന് ദേവതകൾ അനുഗ്രഹിച്ചാലേ മതിയാവും ഈ അറിഞ്ഞ് ധരിച്ച ഈ വിദ്യയെ സർവത്ര ഉപയോഗിക്കണ്ടേ ആ വിദ്യ ഉപയോഗിച്ചാണ് എന്തിനാണ് ആ വിദ്യ ഉപയോഗിക്കുന്നത് പ്രതിബന്ധങ്ങളെ ദൂരീകരിക്കുന്ന അപ്രതിബന്ധേന പറ അതാണ് മുഖ്യം ഈ വിദ്യകൊണ്ട് പ്രതിബന്ധങ്ങളെ നിവാരണം ചെയ്യണം ഇത് ആത്മവിദ്യക്ക് പ്രതിബന്ധമാണോ എന്ന് തിരിച്ചറിയണം പ്രതിബന്ധത്തെ തിരിച്ചറിയും അപ്പൊ അത് വിവേകം കൊണ്ടല്ലേ സാധ്യമാവും ആ പ്രതിബന്ധത്തെ ദൂരീകരിക്കണം അതിനത് സഹായിക്കും അത് അതിന്റെ ഉപയോഗമാണ് പ്രതിബന്ധത്തെ തന്നെ തിരിച്ചറിയണ്ടേ തിരിച്ചറിഞ്ഞിട്ട് പിന്നെ വിവേകം കൊണ്ട് അതിനെ ദൂരീകരിക്കാൻ പറ്റും അപ്പൊ ഈ ദേവതകളുടെയൊക്കെ അനുഗ്രഹം ആ തരത്തിൽ സംഭവിക്കുന്നു ീ സമയത്ത് ഈ സമയമെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമൊന്നും ഉണ്ടായാലോ എപ്പോഴാണോ ആ തത്വത്തെ ശ്രവിക്കേണ്ട സമയം എപ്പോഴായാലും രാവെന്നോ പകലെന്നോ ഏതെങ്കിലും അവസ്ഥയെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഒരുപാട് ആ തത്വത്തെ ശ്രവിക്കേണ്ട ഒരു സമയമുണ്ട് ഗുരുവിൽ നിന്നോ മറ്റെവിടെ നിന്നും ആന്തരികമായിട്ടോ അങ്ങനെയും സംഭവിക്കും ആ തത്വത്തെ ശ്രവിക്കുന്ന സമയത്ത് മനസ്സതിന് കൊടുക്കണ്ടേ ശരീരവും മറ്റും അതിനെ സജ്ജമാക്കി വയ്ക്കണ്ടേ ആ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞവന് തെങ്ങിക്കയറാൻ തോന്നിക്കഴിഞ്ഞ അതാണ് പ്രതിബന്ധമെന്ന് പറയുന്നത് മനസ്സ് നിക്കേണ്ടടുത്ത് നിക്കണം നിർത്തേണ്ട വിഷയത്തിൽ നിർത്തണം മറ്റു വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് പ്രതിബന്ധമാണ് വാസനകള് സംസ്കാരം അതിനെ പ്രേരിപ്പിക്കും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും അത് ചെയ്യ് ഇത് ചെയ്യും എന്നെല്ലാം പറയും ആ വഴിക്ക് പോയി ഇത് വിട്ടിട്ട് ഇത് വിടാതെ പോകുന്നതല്ല വിട്ടിട്ട് പോകുന്നു ഇത് വിടാതെ പോയി കഴിഞ്ഞാൽ അത് തന്നെ യോഗമായി പക്ഷെ ഇത് വിട്ടിട്ട് പോകുമ്പോൾ ഇത് പ്രതിബന്ധകമായി ആ പ്രതിബന്ധത്തെ വിവേകം എങ്ങനെ ശ്രവണ ധാരണകളെ കൊണ്ട് മാറ്റണം ശ്രവിച്ചത് ധരിച്ചത് മനസ്സിലിരുന്നു കഴിഞ്ഞാൽ അവന്റെ ഇന്ദ്രിയങ്ങൾ മറ്റനാവശ്യ കാര്യങ്ങൾക്ക് അവൻ ഉപയോഗിക്കത്തില്ല ഇതിനു വേണ്ടി തന്നെ ഉപയോഗിക്കും അപ്രതിബന്ധേന ഭവിഷ്യന്തി ഈ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് ഈ വിദ്യ പ്രതിബന്ധരഹിതമായി വരുമനേ ശോഭിക്കത്തുള്ളൂ അല്ലെങ്കിൽ അതിന് നിരന്തരം പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ സാധാരണ പരാതി പറയാറുണ്ട് ചിലർ ശബിക്കാറുണ്ട് എന്താണ് ഈ ശ്രവണ ധാരണങ്ങളിലൊന്നും മനസ്സ് നിൽക്കുന്നില്ല അതിനൊന്നും തുടർന്നു നിൽക്കുന്നില്ല അത് ചിലരുടെ പരാതി ചിലര് ശപിക്കുന്ന എന്താണ് അറിവിന് അറിഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ട് അതിനെയൊക്കെ ശപിക്കുന്നു അറിവും ആചരണവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുത്താൻ പറ്റുന്നു ഇത് എല്ലാം കൊണ്ട് ഈ ദേവതകളുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ട് ആധ്യാത്മിക ദേവതകളുടെ അനുഗ്രഹമില്ലാത്തതുണ്ട് നമ്മൾ സാധാരണ ബാഹ്യദേവതകളോടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ബാഹ്യദേവതകൾ ഇന്ദ്രനും ചന്ദ്രനും വിഷ്ണുവിനോടും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് മുഖ്യമായി ആത്മവിദ്യയിലുള്ള പ്രതിബന്ധത്തെ പരിഹരിക്കുന്നത് ഈ ആധ്യാത്മിക ദേവതകളാണ് തന്നെ തന്നെ ഇരിക്കുന്ന ആ ദേവതകളാണ് ആധ്യാത്മിക ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് വിദ്യക്ക് പ്രതിബന്ധം കൂടാതെ പ്രകാശിക്കാൻ കഴിയൂസുഖത്വം പ്രാർത്ഥ്യത അതുകൊണ്ട് ആ ദേവതകളുടെ സുഖകർത്തൃത്വം അവർ ഈ സുഖത്തെ ഉണ്ടാക്കിത്തരട്ടെ ഇതെത്രമാത്രം ആധ്യാത്മിക ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്നും ഭാഷ്യക്കാരനൂടെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തരികയാണ് ആ ആ പ്രാർത്ഥന കൂടാതെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ധാരണ ദേവത കൊണ്ടാണ് ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശുഭപര്യവസായിയാകുന്നത് എന്നുള്ള ആ ആ ധാരണയോടുകൂടി വേണം ഒന്നുമ്പോട്ട് പോകാൻ അല്ല ഇതിനെല്ലാം വിസ്മരിച്ചിട്ടോ അവഗണിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഉപദ്രവിച്ചിട്ടോ അല്ലോ ഭൗത്വ വിധി അതാണ് ഇതിന്റെ താല്പര്യം नमस्कार वायु उपसर्ग सर्व क्रिया നമസ്കാരം തദ്ധീന തസ്മൈ ബ്രഹ്മണേ നമുക്ക് ബ്രഹ്മവിധു വിദ ഇത് എല്ലാം ആർക്കു വേണ്ടി പറയുന്നു ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ മുമ്മുക്ഷുവിന് വേണ്ടി പറയുകയാണ് അവനതിന് ശ്രമിക്കുന്നതിന് വേണ്ടി പറയുക അതായത് തത്വത്തെ ശ്രവിക്കുന്നവന് വേണ്ടി പറയാണ് അവനെ മുമുക്ഷു എന്ന് പറയാൻ പറ്റും തത്വം ശ്രവിക്കുന്നവൻ ഉപനിഷത്തെ ശ്രവിക്കുന്നവൻ ഗുരുവിന്റെ ഉപദേശത്തെ ശ്രമിക്കുന്നവൻ അവനാണ് വിവിധ അവനറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് നമസ്കാര വന്ദനക്കരിയെ അവൻ നമസ്കരിക്കുന്നു വന്ദിക്കുന്നു നേരത്തെ പറഞ്ഞു ശംനഹ മിത്രഹ ഭഗതു ഇവിടെ പറയുന്നെന്താണ് നമഹ നമസ്കരിക്കുന്നു വായുഷയെ വായുവിനെ നമസ്കരിക്കുന്നു എന്തിന് ബ്രഹ്മവിദ്യ ഉപസർഗ ശാന്തി അർത്ഥം ബ്രഹ്മവിദ്യയുടെ ഉപസർഗങ്ങൾ വിഘ്നങ്ങൾ അതിന്റെ ശാന്തിക്ക് വേണ്ടി പറഞ്ഞല്ലോ ശരിയായ ശ്രവണത്തിന് അതിന്റെ ധാരണത്തിന് അതിന്റെ ഉപയോഗത്തിന് എല്ലാം വിഘ്നങ്ങളുണ്ടാവും അതിന്റെ ശാന്തിക്ക് വേണ്ടി ആ വിഘ്നശാന്തിക്ക് വേണ്ടി ചെയ്തു സർവക്രിയാഫലാനം തത് അധീനത്വ സർവക്രിയാഫലങ്ങളും ആ വായുവിന് അധീനമാണ് വായുവിന്റെ അനുഗ്രഹം കൊണ്ടേ സർവക്രിയകളും ഫലത്തെ നൽകത്തുള്ളൂ ഈ ക്രിയാഫലങ്ങളൊക്കെ ബ്രഹ്മവിദ്യ പ്രാപ്തിക്ക് ആവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത് അ കർമ്മങ്ങളെ ഒന്നും അങ്ങനെ നിഷേധിക്കേണ്ടതായിരിക്കും ആ കർമ്മഫലങ്ങൾ വേണം സർവക്രിയാഫലാനോ എന്ന് പറഞ്ഞതാണ് ആ കർമ്മഫലങ്ങൾ ഏത് തരത്തിൽ ഈ വിഘ്നങ്ങളെ പരിഹരിക്കുന്ന തരത്തിൽ അപ്പം അത് ഏത് തരത്തിലുള്ള കർമ്മമാണ് ഈ ദേവതകളെ പ്രസാദിപ്പിക്കുന്ന കർമ്മം ദേവതകളെ പ്രസാദിപ്പിക്കുന്ന ഏത് കർമ്മം നമസ്കാര വന്ദനക്രിയകൾ എന്ന് ഭാഷകാരം പറഞ്ഞിരിക്കുന്നു അവരെ നമസ്കരിക്കുക അവരെ വന്ദിക്കുക അതെല്ലാം മാനസികമായി ചെയ്യുന്ന കാര്യമാണ് ഉപാസനെ കുറിച്ച് പറയുകയാണ് കാരണം തന്റെ താനായി തന്നെ ഇരിക്കുന്ന ഈ ദേവതകൾ ജീവമയമായിരിക്കുന്ന ഈ ദേവതകൾ ഈ ദേവതകളുടെ ബാഹ്യമായിട്ട് നമസ്കരിക്കാനും സാഷ്ടാംഗം പ്രണമിക്കാനും ഒന്നുമില്ല അതെന്റെ മാനസികമായ ഉപാസന അതിന്റെ വന്ദനക്രിയകൾ അത് ബ്രഹ്മവിദ്യ ഉപസർഗാന്തി അർത്ഥം ഉപസർഗശാന്തിക്ക് വേണ്ടി ക്രിയതേ സർവക്രിയാഫലാനാം തദ്ധീനത്വം അതിനുവേണ്ടി ഇവിടെ പറഞ്ഞു നമോ ബ്രഹ്മണേ നമസ്തേ വായു ബ്രഹ്മവായു വായു എന്നു പറയുന്ന ബ്രഹ്മന്ത വായുദേവതാന്ന് പറയുന്നത് ബ്രഹ്മൻ മിത്രൻ വരുണൻ അര്യമ്മ ഇന്ദ്രൻ വിഷ്ണു ബൃഹസ്പതി ഇവരെല്ലാവരും ബ്രഹ്മന്തൻ പക്ഷെ അനുഗ്രഹശക്തിയുള്ള ദേവതാരൂപത്തിൽ അത് ഈ ജീവനോട് ചേർന്നിരിക്കുന്നു തസ്മൈ ബ്രഹ്മണേ നമഹ ം കരോമി ഇനിവാക്കിയ ശേഷം സാധകന്റെ മനോഭാവമാണ് ആ വിനയം ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന വിനയം മറ്റെന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള വിനയം ഇതങ്ങനെയുണ്ട് ആന്തരികമായിട്ടുള്ള വിനയത്തെക്കുറിച്ച് പറയുകയാണ് മനസ്സിന്റെ നമ്രതയെക്കുറിച്ച് പറയുകയാണ് ആ നമൃത വേണം നമസ്തേ തുഭ്യം ഹേ വായു വായുരൂപത്തിലുള്ള ആ ബ്രഹ്മത്തിനെ സ്തുതിക്കുകയാണ് നമസ്കരോ മീതി പരോക്ഷ പ്രത്യക്ഷാഭ്യാം വായുരേവ അഭിധീയത നമസ്തേ വായു ആദ്യം പറഞ്ഞു നമു ബ്രഹ്മണേ നമസ്തേ വായു പരോക്ഷമായി ബ്രഹ്മത്തെ പ്രത്യക്ഷമായി വായു അതാണ് വായുവിനെ നമ്മളറിയുന്നുണ്ടോ ബാഹ്യമായി വായുവായിട്ട് ഉള്ളൽ പ്രാണനായി അത് പ്രത്യക്ഷം തന്നെ പക്ഷെ അവൻ തന്നെ പരോക്ഷമായി ബ്രഹ്മരൂപത്തിരിക്കുന്നു ഒരേ തത്വത്തിൽ തന്നെ പരോക്ഷമായും പ്രത്യക്ഷമായും കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു ആ വായുവിന്റെ ചലനം അതാണ് ഈ ജീവന്റെ ചലനം അതാണ് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയൊക്കെ ചലിപ്പിക്കുന്നത് അത് പ്രത്യക്ഷമായി അപ്പം അതെല്ലാം നേരെ നടക്കണം എന്നാലേന് സാധനമാർഗ്ഗത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും ഇതാണ് ഉപാസന എന്ന് പറയുന്നത് ഈ ഭാവനയാണ് ഉപാസന ഈ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ഇവയോടുള്ള അവന്റെ മനോഭാവം അവന്റെ ധാരണ ഈ ശരീര തത്വങ്ങളോടുള്ള ധാരണ അതാണ് ഉപാസന എന്ന് പറയുന്നത് അവരവനുണ്ടായിരിക്കും അപ്പം ഉപാസന വേണ്ടെന്ന് പറയാൻ പറ്റും അഹം ബ്രഹ്മാസ്മി തത്വം മസി എന്ന് പറഞ്ഞിരുന്നിട്ട് വിശേഷിച്ചൊരു ഫലമില്ലെന്ന് പറയുന്നവർക്കല്ല എന്തുകൊണ്ടാണ് ഉപാസന ഇല്ലാത്തതുകൊണ്ട് ഈ ഭാവന ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ശ്രവണത്തിന് മുമ്പ് നമ്മൾ ഈ മന്ത്രത്തെ ജപിക്കുക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രത്തെ ഉപാസിക്കുകയാണ് ഇത്രയൊരു ഭാവന നിലനിർത്തി എല്ലാ ഭാവനകളും ഉപാസനകളും ജ്ഞാനം ഭാവനയല്ല ഭാവന കൃത്രിമമാണ് വ്യക്തവും ദൃഢവും ദീർഘവുമായ സങ്കല്പമാണ് ഭാവന അപ്പൊ ആ ഭാവന ഇതിനെയൊക്കെ സംബന്ധിച്ച് നിലനിൽക്കണം സദ്ഭാവന നിലനിൽക്കണം ആ സദ്ഭാവനയിലൂടെ പോയാല് വേദാന്ത ശ്രവണം ധനം ചെയ്യത്തുള്ളൂ അതറിയാമല്ലോ എപ്പോ നമ്മുടെ ഉള്ളിൽ സദ്ഭാവനയുണ്ടോ അപ്പോ ഉള്ളിൽ ശാന്തി സമാധാനവും ഉണ്ട് അതന്നെ സുഖം എന്ന് പറയുന്നു വേദന സംബന്ധിച്ചാലും അദ്വൈതത്തെ സംബന്ധിച്ചാലും അദ്വൈതം വേദാന്ത ശ്രവണം ചെയ്യും ശ്രവണം ചെയ്യുന്നുള്ള വിധിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ ഭാവനയോടുകൂടി വേണം ചെയ്യാൻ മറിച്ച് ഒരാൾ ഇതിന് നിർബന്ധിതനായിത്തീരുന്നു കുറച്ചു സമയം ഇത് കേട്ടിരുന്നാലേ ഇവിടെ ജീവിക്കാൻ കഴിയും എന്ന് തോന്നുകയാണ് അയാൾ എന്ത് സദ്ഭാവനയ വരുന്നു പലതരത്തിലുള്ള വിപരീത ഭാവനയോടുകൂടിയും ഒരാൾ തത്വത്തെ ശ്രമിക്കാം ഇതൊക്കെ ശരിയാണോ അങ്ങനെയുള്ളൊരു ഭാവന മനസ്സിൽ വരാം ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ അങ്ങനെ ഒരു ഭാവന പറയാം ഈ പറയുന്നതിന് വിവരമുണ്ടോ അങ്ങനെ ഒരു ഭാവന വരാം പലതരത്തിലുള്ള ഭാവനകൾ മനസ്സിൽ വരാം അപ്പോ സദ്ഭാവനകളില്ല അപ്പോൾ ആ സദ്ഭാവന ആ സദ്ഭാവന നിലനിൽക്കുന്നതിന്റെ ഉള്ളിലെ ജ്ഞാനം പ്രകാശിക്കും ആ സദ്ഭാവനയാണ് ഉപാസന ഉപാസന കൂടാതെ ജ്ഞാനം പ്രകാശിക്കത്തില്ല അതാണ് ആ ജ്ഞാനത്തിന് മുമ്പ് ഇവിടെ ഈ ഉപാസനയെ കുറിച്ച് പറയുന്നത് കിഞ്ചത്വമേവ ചുരാദ്യദ്യപേക്ഷ ബാഹ്യം സന്നിക് അമ്യഭീതം പ്രത്യക്ഷം ബ്രഹ്മാസി പ്രത്യക്ഷം ബ്രഹ്മാസി പലപ്പോഴും പറയാറുണ്ട് അഗ്നിയോട് പറയാറുണ്ട് ഇനിയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം ചിലത് പറയും സൂര്യനോട് പറയും ഇനിയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം വായുവിനോട് പറയും ഇനിയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം വായു കർമ്മത്തിന്റെ പ്രതീകമാണ് കർമ്മരൂപമാണ് അതുകൊണ്ട് സൃഷ്ടസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മം സർവകർമ്മങ്ങളുടെയും കർത്താവും സർവകർമ്മങ്ങൾക്കും സാക്ഷിയുമായിരിക്കുന്ന ബ്രഹ്മം അത് പ്രത്യക്ഷമായ കർമ്മരൂപത്തിലിരിക്കുന്ന നീ തന്നെയാണ് ക്ഷിരാദ്യ അപേക്ഷ ബാഹ്യം സന്നിഗൃഷ്ടം അമ്പ്യഹിതം പ്രത്യക്ഷം ബ്രഹ്മാസി ചക്ഷിരാദികളെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് കാണുന്നു ബാഹ്യമായി അടുത്ത് അമ്പ്യഹിതമായി ഒരു തടസ്സമുണ്ടാകും നിർബാധമായി അക്ഷിവിഷയമായിരിക്കുന്ന ബ്രഹ്മം അത് ഇതൊക്കെ തന്നെ യുവാും സൂര്യനും ജലവും അഗ്നിയും എല്ലാം അടങ്ങി പ്രപഞ്ചം തന്നെ ഈ സമഷ്ടി ദേവതാരൂപത്തിലിരിക്കുന്ന ഈ വായു വായു എന്ന് പറഞ്ഞു എന്നേ ഉള്ളു അതുപോലെ ഓരോന്നിനെയും മനസ്സിലാക്കും ഇതൊക്കെ പ്രത്യക്ഷദ്രം നമ്മുടെ ശ്രവണത്തിൽ നമ്മൾ ഗ്രഹിക്കുന്ന പരോക്ഷദ്രം അത് പിടികെട്ടിയിട്ടില്ല പക്ഷെ പ്രത്യക്ഷബ്രഹ്മ നമ്മുടെ മുമ്പിലുണ്ട് പ്രത്യക്ഷം ബ്രഹ്മ പ്രത്യക്ഷമായ ബ്രഹ്മം ഇത് തന്നെയാണ് ഇതില്ലെങ്കിൽ തന്നെ ഇവിടെ എന്തിനെങ്കിലും നിലനിൽക്കുണ്ടോ അതുകൊണ്ട് ചക്ഷുരാധ്യ അപേക്ഷ ചക്ഷുരാധികളെ അപേക്ഷിച്ച് ബാഹ്യമായി സന്നിധൃഷ്ടമായി ഏറ്റവും സമീപത്തിലായി അഭ്യഹിതമായി യാതൊരു വിഘ്നങ്ങളും കൂടാതെ കണ്ണിന്റെ മുമ്പിൽ കണ്ണുകൊണ്ടിരിക്കുന്ന ബ്രഹ്മം എങ്ങനെയാണോ ആധ്യാത്മികമായി ഈ പ്രാണനെ ദേവത അനുഗ്രഹിച്ച് നിലനിർത്തുന്നത് പ്രവർത്തിപ്പിക്കുന്നത് ബാഹ്യമായ വായുവിനെയും ഇതേ ദേവതയുടെ തന്നെ സമഷ്ടിരൂപം അനുഗ്രഹിച്ച് നിലനിർത്ത പ്രവർത്തിപ്പിക്കുന്നു വൈശ്വാന രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പറയുന്നു നീ തന്നെ പ്രത്യക്ഷം യസ്മാസ്മാത് പ്രത്യക്ഷം ബ്രഹ്മ പതിഷ്യാമി നീ തന്നെയാണ് പ്രത്യക്ഷമായിരിക്കുന്ന ബ്രഹ്മം ശങ്കരാചാര്യെല്ലാം നാമരൂപമാണെന്ന് പറഞ്ഞു നിത്യാണെന്ന് പറഞ്ഞു പ്രപഞ്ചത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു ആക്ഷേപം പറയും അതേ ശങ്കരാചാര്യനെ ഇപ്പൊ വ്യാഖ്യാനിക്കുന്ന എന്താണ് നീ കാണുന്നതെല്ലാം പ്രത്യക്ഷ ബ്രഹ്മമാണ് ഈ രണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ഒരു ഭാഗത്തെ മാത്രം കണ്ടാക്കോരാ നിഷേധത്തെ മാത്രം കണ്ടാക്കോരാ അതിനെ അംഗീകരിച്ചതിനെയും കാണും അപ്പൊ ഇവിടെ അങ്ങനെയാ പറയാൻ ഇവിടെ നിഷേധിക്കാൻ വായു നാമരൂപമാണ് എന്ന് പറയുകയല്ല ഇവിടെ രണ്ടും പറയുന്നെന്താണ് വായു തന്നെ പക്ഷെ അത് പ്രത്യക്ഷബരം പിന്നെ വായു വാകുന്ന നാമരൂപങ്ങളെ നിഷേധിച്ച് കാണേണ്ട ഒരു ബ്രഹ്മം ഉണ്ടല്ലോ അത് പരോക്ഷ ബ്രഹ്മ തൽക്കാലം ആ പരോക്ഷ ബ്രഹ്മം നമ്മുടെ കയ്യിലില്ല നമ്മുടെ കയ്യിൽ പ്രത്യക്ഷ ബ്രഹ്മമേ ഉള്ളൂ അങ്ങനെ വരുമ്പോ ഈ പ്രപഞ്ചം ബ്രഹ്മം ഈ ശരീരവും ബ്രഹ്മം സർവത്ര ബ്രഹ്മദൃഷ്ടി ആത്മദൃഷ്ടി അതുകൊണ്ട് നീ തന്നെയാണ് ബ്രഹ്മം ഇതാണ് എന്റെ അനുഭവം കൂടെ പറയുന്നു ബ്രഹ്മത്തെ ആരാഞ്ഞ് അറിയാൻ ശ്രമിക്കുന്നവൻ ബ്രഹ്മമായി തന്നെ കാണും മോക്ഷുവിന്റെ കാര്യങ്ങളൂടെ പറയുന്നു മുക്തന്റെ കാര്യം എന്താ പറയുന്നു മുമോക്ഷുവിന് ഒരു ഭാവന വേണമെന്നാണ് പറയുന്നത് കുലകൃതം യഥാശാസ്ത്രം യഥാകർത്തം ബുദ്ധു സുപരിനിശ്ചിതം അർത്ഥം തദവി തദീന ത്വാമേപദിഷ്യാം വീണ്ടും ആ ഭാവന മറ്റു വിഷയങ്ങളിൽ എങ്ങനെ വരണം എന്നുള്ളത് പറയേണ്ട തോന്നുന്നു